ം രണ്ട് അയ്യോ യഹോവാ സിയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചതെങ്ങനെ അവൻ ഇസ്രയേലിന്റെ മഹത്വം ആകാശത്തുനിന്ന് ഭൂമിയിൽ ഇട്ടുകളഞ്ഞു തന്റെ കോപദിവസത്തിൽ അവൻ തന്റെ പാതപീഠത്തെ ഓർത്തതുമില്ല കർത്താവ് കരുണ കാണിക്കാതെ യാക്കോബിന്റെ മേച്ചിൽപ്പുറങ്ങളെയൊക്കെയും നശിപ്പിച്ചിരിക്കുന്നു തന്റെ ക്രോധത്തിൽ അവൻ യഹൂദാ പുത്രിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു രാജ്യത്തെയും അതിലെ പ്രഭുക്കന്മാരെയും അവൻ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു തന്റെ ഉഗ്രകോപത്തിൽ അവൻ ഇസ്രയേലിന്റെ കൊമ്പൊക്കെയും വെട്ടിക്കളഞ്ഞു തന്റെ വലങ്കൈ അവൻ ശത്രുവിൻ മുമ്പിൽ നിന്ന് പിൻവലിച്ചു കളഞ്ഞു ചുറ്റും ദഹിപ്പിക്കുന്ന ജ്വാല പോലെ അവൻ യാക്കോബിനെ ദഹിപ്പിച്ചുകളഞ്ഞു ശത്രു എന്ന പോലെ അവൻ വില്ലുകുലച്ചു വൈരി എന്ന പോലെ അവൻ വലങ്കൈ ഓങ്ങി കണ്ണിന് കൌതുകമുള്ളതൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ തന്റെ ക്രോധം തീ പോലെ ചുരിഞ്ഞു കർത്താവ് ശത്രുവെപ്പോലെ ആയി ഇസ്രയേലിനെ മുടിച്ചു കളഞ്ഞു അവളുടെ അരമനകളെ ഒക്കെയും മുടിച്ചു അവളുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു യഹൂദപുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു തന്റെ ഉത്സവസ്ഥലം നശിപ്പിച്ചിരിക്കുന്നു യഹോവ സിയോനിൽ ഉത്സവവും ശപത്തും മറക്കുമാറാക്കി തന്റെ ഉഗ്രകോപത്തിൽ രാജാവിനെയും പുരോഹിതനെയും നിരസിച്ചു കർത്താവ് തന്റെ യാക്കപീഠം തള്ളിക്കളഞ്ഞു തന്റെ വിശുദ്ധ മന്ദിരം വെർത്തിരിക്കുന്നു അവളുടെ അരമന മതിലുകളെ അവൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ ഉത്സവത്തിൽ എന്ന പോലെ യഹോവയുടെ ആലയത്തിൽ ആരവും യഹോവ സിയോൻ പുത്രിയുടെ മതിൽ നശിപ്പാൻ നിർണയിച്ചു അവൻ നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല അവൻ കോട്ടയും മതിലും ദുഃഖത്തിലാക്കി അവ ഒരുപോലെ ക്ഷയിച്ചിരിക്കുന്നു അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു അവളുടെ രാജാവും പ്രഭുക്കന്മാരും ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു അവളുടെ പ്രവാചകന്മാർക്ക് യഹോവീങ്കൽ നിന്ന് ദർശനമുണ്ടാകുന്നതുമില്ല സിയോൻപുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു അവർ തലയിൽ പൊടിവാരിയിട്ട് രട്ടുടിത്തിരിക്കുന്നു എരുശിലേയും കന്യകമാർ നിലത്തോളം തല താഴ്ത്തുന്നു എന്റെ ജനത്തിൻപുത്രയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർവാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു എന്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞ് വീഴുന്നു പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നുകിടക്കുന്നു അവർ നിഹതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നുകിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്നു എരുശിലേം പുത്രിയെ ഞാൻ നിന്നോട് എന്ത് സാക്ഷീകരിക്കേണ്ടു എന്തോ നിന്നോട് സദൃശമാക്കേണ്ടു സിയോൻ പുത്രിയായ കന്യകെ ഞാൻ നിന്നെ ആശ്വസിപ്പിപ്പാൻ എന്തോന്ന് നിന്നോട് ഉപമിക്കേണ്ടു നിന്റെ മുറിവ് സമുദ്രം പോലെ വലുതായിരിക്കുന്നു ആർ നിനക്ക് സൗഖ്യം വരുത്തും നിന്റെ പ്രവാചകന്മാർ നിനക്ക് വ്യാജവും ദർശിച്ചിരിക്കുന്നു അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ പ്രവാചകം ദർശിച്ചിരിക്കുന്നു കടന്നു ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു അവർ എരിശിലേം പുത്രിയെ ചൊല്ലി ചൂളകുത്തി തലകുലുക്കി സൗന്ദര്യപൂർത്തിയെന്നും സർവമഹീതല മോദമെന്നും വിളിച്ചുവന്ന നഗരം ഇത് തന്നെയോ എന്ന് ചോദിക്കുന്നു നിന്റെ ശത്രുക്കളൊക്കെയും നിന്റെ നേരെ വായ്പിളർക്കുന്നു അവർ ചൂളക്കുത്തി പല്ലിക്കടിച്ചു നാം അവളെ വിഴുങ്ങിക്കളഞ്ഞു നാം കാത്തിരുന്ന ദിവസം ഇതുതന്നെ നമുക്ക് സാധ്യമായി നാം കണ്ടുരസിപ്പാൻ ഇടയായല്ലോ എന്ന് പറയുന്നു യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു പുരാതന കാലത്ത് അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു കരുണകൂടാതെ അവൻ ഇടിച്ചുകളഞ്ഞു അവൻ ശത്രുവിനെ നിന്നെ ചൊല്ലി സന്തോഷിപ്പിച്ച് വൈരികളുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണീരൊഴുക്കുക നിനക്ക് തന്നെ സ്വസ്ഥത നിന്റെ കണ്മണി വിശ്രമിക്കുകയുമരുത് രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പു കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക യഹോവി ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് കടാക്ഷിക്കാനമേ സ്ത്രീകൾ ഗർഭഫലത്തെ കയ്യിൽ താലോലിച്ചു പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നണമോ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടേണമോ വീഥികളിൽ ബാലനും വൃദ്ധനും നിലത്തുകിടക്കുന്നു എന്റെ കന്യകമാരും യൗവനക്കാരും വാൾകൊണ്ട് വീണിരിക്കുന്നു നിന്റെ കോപദിവസത്തിൽ നീ അവരെ കൊന്നു കരുണകൂടാതെ അറുത്തുകളഞ്ഞു ഉത്സവത്തിന് വിളിച്ചുകൂട്ടും പോലെ നീ എനിക്ക് സർവത്ര ഭീതികളെ വിളിച്ചുകൂട്ടിയിരിക്കുന്നു യഹോവയുടെ കോപദിവസത്തിൽ ആരും ചാടിപ്പോകയില്ല ആരും ശേഷിച്ചതുമില്ല ഞാൻ കയ്യിൽ താലോലിച്ചു വളർത്തിയവരെ എന്റെ ശത്രു മുടിച്ചിരിക്കുന്നു